പഞ്ചഖ്യാതികളെ കുറിച്ചാണ് പഞ്ചഖ്യാതി എന്ന് പറയുമ്പോൾ അനുവജനീയഖ്യാതി പഞ്ച യോഗാരോ മാധ്യമികംസത അധികം മയ്യായിനോ മായനസ് പഞ്ചഖ്യക്രമാധ്യാതെ വളരെ പ്രസിദ്ധമാണ് അത് ഇവിടെ ഇപ്പോൾ ഈ മൂന്ന് അടുത്ത് പറഞ്ഞത് ഒന്ന് ആത്മഖ്യാതയെക്കുറിച്ച് പറഞ്ഞു അതിനെ നിഷേധിക്കാൻ കുറിച്ച് പറഞ്ഞു അതിനെ നിക്ഷേപിക്കാൻ വേണ്ടി അന്യതാഖ്യാറിയും മൂന്ന് ഖ്യാധികളെ പറഞ്ഞൊള്ളുകൊണ്ട് അനുവേദിഖ്യാതിൽ പലയിടത്തും ചലച്ചിട്ട് മകൻ സിദ്ധാന്തം പറഞ്ഞു മുമ്പ് പറഞ്ഞു ചെറുതായിട്ട് ചെറുതായിട്ട് പറഞ്ഞു പിന്നെ വരുന്നത് സഖ്യാതിയാണ് പറഞ്ഞ് ഖണ്ഡിച്ചു അവിടെ അസത് ഖ്യാതിയും പറഞ്ഞു അപ്പൊ സത്യാദിയും കൂടെ ചേർക്കുമ്പോൾ മാറുഖ്യാതിയാവും പക്ഷെ സത്ഖ്യാതി അതിനെ അംഗീകരിക്കാറുള്ളത് കാരണം അതിന് വലിയ പ്രാധാന്യമില്ല നേരത്തെ അസത് ഖ്യാതി പറഞ്ഞിട്ട് അതിനെ ഖണ്ഡിക്കാനാണ് സത്ഖ്യാതി കൊണ്ടത് ആസത് അനുവേദി ഖ്യാതി നേരത്തെ അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ആറ് ദാർശനിക ഗ്രന്ഥങ്ങളിലെല്ലായിടത്തും ഇതിന്റെ ചർച്ച ഒരുപാട് വരും അദ്വൈത ഗ്രന്ഥങ്ങളിലെല്ലാം വരും എന്നിട്ടവിടെ അനുവേദിഖ്യാതി സമർപ്പിക്കും അപ്പൊ ഇപ്പൊ ഇതിനകം തന്നെ പഞ്ചഖ്യാതിയും ഭാവതികാരും ചർച്ച ചെയ്ത് കഴിഞ്ഞു ആറാമത്തെ ഖ്യ സത്ഖ്യാതിയും ചർച്ച ചെയ്തു സഖ്യാതിയും അഖ്യാതി മീമാംസകരുടെ എന്നാണ് അത് രണ്ടും പിന്നെ മീമാംസാതി അവരുടെ അനിതാഖ്യാതി താർക്കികമാരുടെയും അദ്ദേഹം അപ്പൊ അതിന്റെ രീതിയിൽ ഇത് കൂടെ ചർച്ച ചെയ്താണ് നേരത്തെ മുമ്പ് കുറച്ച് മുമ്പ് അസഖ്യാതിയെ പഠിച്ച ഒരു ഭാഗമാണ് അതായത് സ്മൃതിരൂപ ക്രോതിഷ്ട പരത്ര ഉപാസം ആ അധ്യാസ ലക്ഷണം അതിനെ വ്യാഖ്യാനിച്ചു തുടങ്ങിയപ്പോൾ ഖ്യാന തുടക്കം നടത്ത് ആ പ്രസവത്തിന്റെ എന്തൊക്കെ പേജ് വേറെയാണ് സൈക്കിളോട്ട് പോണം ഇനിയും പോണം ഇനിയും ആ അത്രയും കൊണ്ട് ഇതാ ഈ ഭാഗം ഇവിടെ വരുന്നത് ഇവിടെ ഈ പറയുന്നതാണ് ഗ്രാഹം സഖ്യാതിവാദത്തെ ഖണ്ഡിക്കുന്നത് അതിന് ഇതായി ഇവിടെ പോലെ വിശേഷ്യസമസ്ത ഈ പറയുന്ന ഇവിടെ മോലുള്ളതാണ് മർ വിരഹേനംസാദിതേദം അസദ പ്രകാശന ഇതിങ്ങനെ മുമ്പോട്ട് വന്നതിന് ശേഷം അടുത്ത വന്നിട്ട് ഇതാണ് അടുത്ത പേര് അത്ര ഭ്രൂമഹ ആ ഇതില് ഇരുപത്തിമൂന്നാമത്തെ പേര് ഇതിലാണെങ്കിൽ അത്ര ഭ്രുമ്പോ ഇവിടെ മേല് വരുന്നത് അസഖ്യാതിയെ സഖ്യാതി നിഷേധിക്കുക ഇവിടെ ചർച്ചയാണ് സഖ്യാതിങ്ങനെ വന്നിട്ട് ഇവിടം നാവിടെ നവർ ഇതിക കൊടുമ്പന 60 20 വരെ ആ ಅದು നടക്കില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതുകൊണ്ടാണ് സപ്രസന്ന കൊടുമ്പന ഇങ്ങനന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഇതുവരെ ഇവിടെ പോലെ ഇങ്ങനെ വന്ന് എന്തുപോലെ അതിനെ തൊട്ട് ഒൻപത് വരെയുള്ള അനുവേദി അസഖ്യാതിയെ കുറിച്ച് പറഞ്ഞു ഭൗതന്മാരുടെ അതിനെ സത്യാദിയെ കൊണ്ട് നിഷേധിച്ച് അതിനെ അനുവേദിക്കാതെ കൊണ്ട് നിഷേധിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് തം കഴിഞ്ഞ് തന്നെ എത്ര അന്യ അഭ്യാസ വന്തി എന്ന് പറയുന്ന ഇതിനെ ആത്മഖ്യാതിയായിട്ട് വ്യാഖ്യാനിച്ചു മനസ്സിലായോ ഇതിന്റെ വ്യാഖ്യാനമാണ് ആത്മഖ്യാതി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് രണ്ടാമത്തെ ന്യത്ര അന്യ ധർമാധ്യാസ്യാനം ഇത് വേണ്ടി കേജിത്തും എത്ര ഏതാത്യാസം ഇതാണ് അഖ്യാതി അവസാനം വന്നത് അന്യേതുപറ അന്യം ഇവിടെ മൂന്ന് ഖ്യാതി ഇവിടെ പറഞ്ഞു നേരത്തെ മൂന്ന് ഖ്യാതികളും ഇപ്പൊ ആറ് ഖ്യാതികളും പറഞ്ഞു കഴിഞ്ഞു സാമാന്യം ഖന്ന് പറയുന്ന എന്താ തൊട്ട് മുമ്പിലും മൂന്ന് ഖ്യാതികളാണ് അസത് ഖ്യാതി അഖ്യാതി അസഖ്യാതി സഖ്യാതി അനുവയിക്ക ഇവിടെ ഈ മൂന്നെണ്ണത്തില് മനസ്സിലായ ആത്മഖ്യാതി അഖ്യാതി അന്യതാഖ്യാതി അപ്പൊ ആറ് ഖ്യാതി സാമാന്യമായി പറഞ്ഞു ഇത് പുസ്തകമനുസരിച്ചാണെങ്കിൽ റാമതി കർപ്പതരുൺ പരിമളം ആ ഇതുവരെ ഈ പുസ്തകം അനുസരിച്ച് പറയണെന്നുണ്ടെങ്കിൽ പേജ് നമ്പര് പറയാൻ പറ്റും അവിടെ കൈക്കുന്ന ഈ പുസ്തകമല്ല പക്ഷെ പരികൾ വെച്ച് മനസിലാക്കിയിരിക്കുന്നതാണ് ഇത് ഇതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാ ഭാഗമാണ് തം കേ തന്നെത്ര അന്യധർമ്മ ഇത് വന്നത് ഇതിന് ഇനി വ്യാഖ്യാനത്തിന്റെ സഹായം ഇല്ലാതെ നമ്മള് നേരിട്ടൊന്നും നോക്കാം ഈ മൂന്ന് ഖ്യാതികളെന്നൂടെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനം ഇല്ലാതെ നോക്കും അന്യത്ര അന്യധർമ്മ്യാസം ചിലര് പറയുന്ന എന്താണ് അന്യത്ര എന്ന് പറഞ്ഞാൽ അന്യധർമാധ്യാസരേതധർമാധ്യാസം എന്ന് പറയുന്നു ഇത് പിന്നെ എന്തായാലും ശരി പിന്നെ ആരുടെ പക്ഷം എന്നുള്ളതിൽ ഒരു ശിഷ്യന്മാർക്ക് എന്നാൽ അപ്ര വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ആരുടെ പക്ഷം എന്നുള്ള വിടാ ഇവിടെ ഒരു കാര്യം മാത്രം എടുക്കാം അന്യത്ര ശക്തിയിൽ അന്യധർമ്മ രസം എന്ന് പറഞ്ഞ ഭ്രമ അംഗീകരിച്ചു ഭാഷകാരം ഇവിടെ ഭ്രമത്തെ സ്വീകരിച്ചു രണ്ടാമത് എത്ര ഏതാത്യാസം എത്ര എന്ന് വെച്ചാൽ ശക്തിയിൽ ഏതത്യാസ ഏത് രചിതത്തിന്റെ ആണോ അത്യാസമുള്ളത് തദ്വിവേകാഗ്രഹ നിബന്ധനവും ഭ്രമ അവിടെ എന്താണ് ആ വിവേകാഗ്രഹം കൊണ്ട് ഭ്രമം ഉണ്ടാകുന്നു ഭാഗതികാരം മെഗാനിച്ചുകളെല്ലാം ഭാഷ വിവേകാഗ്രഹം കൊണ്ട് എന്താണ് നമ്മിക്കാണുന്ന ആ വസ്തു എത്ര ശക്തിയുടെയും യഥാദ്യാസം രചതത്തിൻ്റെയും വിവേകാഗ്രഹം വിവേകില്ലാത്തത് കൊണ്ട് എന്തോ ഇത് ശുക്തിയാണ് ഇത് രജതമാണെന്നുള്ള വിവേകജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ബ്രഹ്മം വരും എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ശുക്തിയുടെ ജ്ഞാനവും രജതത്തിന്റെ ജ്ഞാനവും അതെന്തു ആയിക്കൊള്ളട്ടെ സ്മൃതിയാണോ അല്ലെങ്കിൽ പ്രത്യക്ഷമാണെന്ന വിഷയമല്ല ആ ശുക്തിയുടെ ജ്ഞാനവും രജതജ്ഞാനവും തമ്മിലുള്ള വിവേകം ഇല്ലാത്തതുകൊണ്ട് ബ്രഹ്മം അതുകൊണ്ട് ഇത് രജതം എന്ന് പറയുന്നത് ശുക്തിയുടെ ഞാനും രചതത്തിന്റെ ജ്ഞാനും തമ്മിലുള്ള വിവേകജ്ഞാനം ഇല്ലാത്തതുണ്ട് അല്ലെങ്കിൽ ശുക്തിയുടെയും വിവേകജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഭ്രമം ഇത് പറഞ്ഞാൽ സാറിന് ആർക്കും മനസിലാവും ഖ്യാതികളൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഇത് മൂന്നാമത്തെടുത്തോ എത്ര ഏത് അധ്യാസ എത്ര എന്ന് വെച്ചാൽ ശുക്തി ഏത് അവിടെയാണ് വളരെ കൂടുതൽ വ്യാഖ്യാനം വന്നത് എത്രേത് അത്യാസം എവിടെയാണോ എന്താണ് ആ അടുത്തത് എത്ര വ്യത്യാസം എവിടെയാണോ എന്താണ് രേതത്തിൻ്റെ അധ്യാസമുള്ളത് തസ്തിവ ആ ശുക്തിയുടെ തന്നെ വിപരീതധർമ്മം എന്നു വെച്ചാൽ രഹിതധർമ്മം അതിൻ്റെ കൽപ്പന ആചക്ഷത അതും വളരെ വ്യക്തമാണ് എവിടെയാണോ എത്രയെന്ന് വെച്ചാൽ ഏതൊരു ശക്തിയിലാണ് ഇത് പറയുന്നത് യസ്യാന്ന് വെച്ചാൽ രേതത്തിൻ്റെ അധ്യാസം ഉള്ളത് തസ് ചെയ്യൈവാന്നുവെച്ചാൽ ശുദ്ധീടെ തന്നെ വിപരീതധർമ്മം രേതധർമ്മം കല്പനയാണ് അവിടെയും ഭ്രമം വന്നു ഈ ഭാഷ്യകാരം പറയുന്നത് മൂന്നും വളരെ വ്യക്തമാണ് മൂന്നുപക്ഷം പിന്നെ ഇത് ആരുടെയൊക്കെയാണ് എന്ന് വരുമ്പുന്നിടത്താണ് പലർക്കും പല അഭിപ്രായം വരുന്നത് മൂന്നിടത്തും ഭാഷ്യകാലം തന്നെ മൂന്നിടത്തും ഭ്രമത്തെ പറയുന്നത് തുഴന്നു വരുന്നത് എന്താണ് സർവധാപി എല്ലാ രീതിയിലായാലും ഏത് രീതിയിൽ നോക്കിയാലും അന്യസ്യ അന്യധർമ്മഭാസതാണ് വിഭജന ഒന്നൻ മറ്റെന്നെൻ്റെ അനുഭവം അതിന് ഞാൻ വിഭചനം എന്നു വെച്ചാൽ മാറ്റമാണ് ഒന്നിൽ എന്ന് വെച്ചാൽ ശക്തിയിൽ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ശുക്തിയിൽ അന്യസ്യന്ന് വെച്ചാൽ ശക്തിയിൽ അന്യധർമ്മാവഭാസം എന്ന് വെച്ചാൽ രജതാനുഭവം അഭാസം എന്ന് വെച്ചാൽ അനുഭവം ശക്തിയായിട്ട് രചനാനുഭവങ്ങളടുത്ത് മൂന്നിടത്തോണ്ടാ വിഭിചാരതി ഇത് പറയുമ്പോ ഇത് വളരെ സിമ്പിളാണ് എന്നുവെച്ചാൽ ഭ്രമത്തെ അംഗീകരിക്കും അപ്പൊ ഈ മൂന്നിടത്തും ഭ്രമത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭ്രമം എന്താണ് അത് എന്താണ് അനുവജനീയമാണെന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് ഭ്രമ അനുവജനീയമാണ് സാക്ഷിക്കാരവിടെ പറഞ്ഞു ഭ്രമം എന്ന് പറഞ്ഞാൽ അനുവജനീയമാണ് ഈ പറയുന്ന മൂന്ന് ലക്ഷണങ്ങളും അധ്യാസത്തിൽ ലക്ഷണം നേരത്തെ പറഞ്ഞാണ് ഈ മൂന്ന് ഉദാഹരണങ്ങൾ തം കേജി അന്യത്ര അന്യധർമ്മ അധ്യാസീതി വന്നതി കെ ജോ എത്ര അധ്യാസ തത് വിവേക നിബന്ധനോ ഭ്രമേ അന്യേദോ എത്ര ഏതധ്യാസ തസ്യ വിപരീത ധർമ്മത്വകൽപ്പന ആചർച്ച മൂന്നിടത്തും അധ്യാസം ഒന്നുകഴിഞ്ഞു മൂന്നിടത്തും ധർമ്മം വന്നു മൂന്നിടത്തും ബ്രഹ്മം വന്നു കഴിഞ്ഞാൽ ഭാഷ പറയുന്ന അനുസരിച്ച് എന്താണ് ധർമ്മം അനുഗനീയമാണെന്ന് പറയാം നേരിട്ട് തന്നെ പറയാം അതിന് പിന്നെ വേറെ കൃത്രിമ വ്യാഖ്യാനം ഒന്നും ആവശ്യമാണ് പക്ഷെ അനുസരിച്ച് എന്താണ് അനുവദനീയത പറയാൻ പറ്റില്ല എന്തുകൊണ്ടത് ഏ ഭാഗ്മാലം പറയുന്നതനുസരിച്ച് അനുവദനീയത പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ആ അദ്വൈതി മാത്രം അംഗീകരിക്കുന്നു മറ്റുള്ളവരാരും അംഗീകരിക്കുന്നു വേണ്ടി വന്നാൽ ബൗദ്ധന്മാരെയും ചേർക്കാം അത് അദ്വൈതി പറയുന്ന പോലെ അല്ലെങ്കിൽ ബാക്കി പറഞ്ഞ അഖ്യാധിവാദിയും അന്യതാഖ്യാധിവാദിയും അനുവദനീയത അംഗീകരിക്കുന്നില്ല ഭാഷത്തിനനുസരിച്ച് ഭ്രമം വളരെ കറക്റ്റാണ് ഭാഗ്മിക്കനുസരിച്ച് ാരന്റെ ഇതനുസരിച്ച് ഈ രണ്ടാമത്തത് അഖ്യാതിവാദമാകുമ്പോൾ എന്താണോ അഖ്യാതിവാദികൾ വിശിഷ്ട ജ്ഞാനത്തെ അംഗീകരിക്കുന്നില്ല പക്ഷേ വിശിഷ്ട വ്യവഹാരത്തെ വിധം രജമെന്ന് അറിഞ്ഞിട്ട് കുഞ്ഞെടുക്കുന്നുണ്ട് കുരിഞ്ഞെടുക്കുന്നുണ്ട് രജതത്തെ ശുക്തി എടുക്കുന്നു ചെയ്തല്ല വ്യവഹാരമുണ്ട് രണ്ട് ജ്ഞാനമാണെങ്കിലും വിശിഷ്ട വ്യവഹാരമുണ്ട് ഇത് രജതം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് ചവിടെ കുരിഞ്ഞ് ശുക്തി എടുക്കുന്നു അപ്പൊ ഇവിടെ ചിലർ വ്യാഖ്യാനിക്കുന്ന എന്താണ് അങ്ങനെ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ അന്യതാനുഭവത്തി ഒരു വിശിഷ്ടജ്ഞാനമില്ലാതെ പ്രവൃത്തി നടക്കത്തില്ല വിശിഷ്ടജ്ഞാനം ഇല്ലാതെ പ്രവൃത്തി നടക്കത്തില്ല അതുകൊണ്ട് അഖ്യാധിവാദികൾ വിശിഷ്ടജ്ഞാനത്തിൽ അംഗീകരിച്ചില്ലെങ്കിലും അവർക്കത് സ്വീകരിക്കേണ്ടി അതുകൊണ്ട് ജ്ഞാനത്തിനനുസരിച്ചാണ് പ്രവൃത്തി ഇപ്പം ഞാൻ പുസ്തകം എന്നുള്ള എന്റെ ജ്ഞാനം ഇതിനുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് പുസ്തകം എന്ന് പറഞ്ഞെടുക്കുന്നത് മൊബൈലെന്നുള്ള ഞാനുണ്ടാണെങ്കിൽ ഞാൻ പുസ്തകത്തിൽ എടുക്കത്തില്ല മൊബൈലിനെ എടുക്കത്തു അപ്പോൾ പ്രവൃത്തി വരുന്നത് എന്താണ് എപ്പോഴും ജ്ഞാനത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ എന്തായാലും വിശിഷ്ട വ്യവാരം എന്തെന്നു വച്ചാൽ കുനിഞ്ഞ് എടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വേണം ഒരു വിശിഷ്ടം ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവമായി എന്താണ് പ്രഭാകരൻ ഗ്രൂപ്പിന്റെ ബ്രഹ്മജ്ഞാനത്തെ ഭിഷ്ടീരിച്ച് ഭ്രമമായി അങ്ങനെ ബ്രഹ്മത്തെ അവർ അംഗീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ അവരും അനുവചനീയതയെ സ്വീകരിക്കേണ്ടി വരും എന്നാണ് എന്ന് പറഞ്ഞാൽ അത് അവരിതൊന്നും അംഗീകരിക്കില്ല മനസിലായി ഞങ്ങൾ കണ്ണിച്ചു അതുകൊണ്ട് നിങ്ങളിത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർ ആരെങ്കിലും അംഗീകരിക്കും അതിൽ അവർ പറയും ഞങ്ങൾ തിരിച്ച് കണ്ണിക്കും അത്ര അതുകൊണ്ട് എന്താണ് ഭാഷ അനുസരിച്ചാണ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് മൂന്നിടത്തും അത്യാസമുണ്ട് മൂന്നിടത്തും ഭ്രമത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോ അടുത്തു പറയുന്നത് എന്താണ് സർവതാപി എല്ലാ പ്രകൃതത്തിലും അന്വേഷ്യ അന്യധർമ്മ ഒന്നിൽ മറ്റൊന്നിന്റെ അനുഭവം അതിന് മാറ്റം പിന്നെ ഇത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് അപ്പൊ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഭ്രമത്തെ അംഗീകരിച്ചേ പറ്റി ഇവിടെ പറയുന്ന എന്താണ് ഇതിവിടെ പറഞ്ഞ പോലെ എന്താണ് ശുക്തിയിൽ രജതം ഞാനാ അതൊരു ഭ്രമമാണ് ശക്തിയെ കണ്ടിട്ട് രജതം എന്ന് സർപ്പത്തെ കണ്ടിട്ട് ഋജ്ജുവിനെ കണ്ടിട്ട് എന്താണ് കണ്ടിട്ടെന്ന് ചോദിച്ചാൽ ഋജ്ജു കിടക്കുന്ന നടത്തി അല്ല കണ്ടിട്ട് ആരും ഭ്രമിക്കാറില്ല പക്ഷെ നമ്മൾ പറയുമ്പോ അങ്ങനെയൊക്കെയാ പറയുക ബ്രഹ്മസ്ഥലത്ത് സർപ്പം എന്ന് ഭ്രമിക്കുന്നത് അത് ഭ്രമമാണ് അതൊക്കെ അംഗീകരിക്കും അത് തന്നെ പ്രഭാകര ഗുരു അംഗീകരിക്കുന്നില്ല ബാക്കി എല്ലാവരും അംഗീകരിക്കും അങ്ങനെ അംഗീകരിക്കുന്നത് കൊണ്ട് ഭക്ഷ്യകാലം പറഞ്ഞു വരുന്നത് എന്താണോ നിങ്ങൾ ഭ്രമത്തെ അംഗീകരിച്ചേ പറ്റും ഭ്രമത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണോ ദേഹത്തിൽ വരുന്ന ഈ ആത്മബുദ്ധി എന്നുവെച്ച ആത്മാവ് വേറെയാണ് ദേഹത്തിലാണ് നമുക്കെന്ത് വരുന്നത് ആത്മബുദ്ധിയാതും ഭ്രമമാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുക അതുമാത്രമല്ല ഏകമായ ബ്രഹ്മത്തിൽ കാണുന്ന ഈ പ്രപഞ്ചാനുഭവം ഭാഷകാരൻ പറയുന്നത് നാമരൂപാനുഭവം ഇതും ബ്രഹ്മമാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ്രഹ്മത്തെ ഒടുത്ത് സ്ഥാപിക്കും എവിടെങ്കിലും അതെവിടെ സ്ഥാപിക്കും എവിടെ സ്ഥാപിക്കും ശക്തി ശക്തിയിലാദ്യം ബ്രഹ്മത്തെ സമർത്ഥിച്ചു ശക്തിയിലെ ഭ്രമത്തെ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ബ്രഹ്മത്തിന്റെ പ്രപഞ്ചവും ഭ്രമമാണ് അംഗീകരിക്കുകയല്ല അത് ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഭാഷകാർ ദേഹത്തിൽ വരുന്ന ആത്മബുദ്ധിയും ബ്രഹ്മമാണ് ആത്മാവ് വേറെയാണ് ദേഹമല്ല അതിനാണ് ആദ്യം പറഞ്ഞത് ദേഹത്തിൽ നിന്ന് വ്യതിരിക്തമായി ആത്മ കൊണ്ടാണ് ഇപ്പോ ഈ പറയുന്ന കാര്യം എന്താണ് നാമരൂപാത്മമായ ഈ പ്രപഞ്ചം ്രഹ്മത്തിൽ കല്പിതമാണ് ദേഹത്തിൻ്റെ ആത്മബുദ്ധി ഭ്രഹ്മാണ് എന്നൊക്കെ പറയും കാരണം ആത്മാവ് വേറെയാണ് ഇനി ദേഹത്തിൻ്റെ ആത്മബുദ്ധി ഒരു ഭ്രമമാണെന്ന് പറഞ്ഞാലും പലരും അംഗീകരിക്കും പക്ഷെ ബ്രഹ്മത്തിൽ കാണുന്ന ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ കല്പിതമാണെന്ന് പറഞ്ഞാൽ മറ്റാരും കഴിഞ്ഞു അദ്വീതി അല്ലാതെ ഒരുത്തരും രജ്ജുവിന് കാണുന്ന സർപ്പം ബ്രഹ്മമാണെന്ന് അംഗീകരിക്കുന്നവരുകൂടി പ്രപഞ്ചം ബ്രഹ്മത്തിൽ ഭ്രമമാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുക അത് അംഗീകരിക്ക അങ്ങനെ വരുമ്പം അദ്വൈതി എന്ത് പറയുന്നത് רוצ uh disappointment -huh. ശ്രുതി പറഞ്ഞിട്ടും ശ്രുതി പറഞ്ഞിട്ടു വേദത്തിൽ പറഞ്ഞിട്ടു അതെവിടെ വേദത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ വേദത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നു ബ്രഹ്മത്തിൽ പ്രപഞ്ചം കല്പിതമാണെന്ന് വേദത്തിൽ എവിടെ പറഞ്ഞു പറഞ്ഞു അതോ അന്യർഥം നേഞ്ചന ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ പ്രപഞ്ചം മിഥിയാണെന്ന് പറഞ്ഞിരിക്കുന്നു അതോ അന്യദാർത്ഥം നേഹ നാനാസ്തികിഞ്ചന എന്നൊക്കെ പറയുന്നത് ശരി സമ്മതിച്ചു പക്ഷെ അതിനൊന്നും പ്രപഞ്ചം മിഥ്യ എന്നുള്ളത് വരുന്നില്ലല്ലോ എവിടെ അതിന്റെ അർത്ഥം എങ്ങനെയാ പ്രപഞ്ചം മിഥ്യ എന്നാണ് പ്രപഞ്ചം അനർവചനീയം എന്ന് നിങ്ങൾ പറയുന്ന രീതിയിൽ അവിടെ പറയുന്നില്ലല്ലോ മിഥ്യെന്ന് വെച്ചാൽ അനുവചനീയം അതവിടെ ഇല്ലല്ലോ അപ്പോ അപ്പം ഇനി പറയും അതാണോ എന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അതോ അന്യതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ പ്രപഞ്ചം ബ്രഹ്മത്തിൽ കൽപ്പിതമാണത് അനുവചനീയമാണ് അപ്പൊ ചോദിക്കും അങ്ങനെയാണെങ്കിൽ രാമാനുജനും മാധുരവും ഒന്നും പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരർത്ഥം വേദത്തെ പണ്ട് വ്യാഖ്യാനിച്ച് ആരും പറഞ്ഞിട്ടില്ലല്ലോ അവർക്ക് വിവരം ഇണ്ടായി മനസ്സിലായി അവർക്കൊന്ന് ശരിക്കും വേദത്തിന്റെ അർത്ഥം മനസിലായി അപ്പൊ പിന്നെ അവിടെ തർക്കം വരും എന്താണോ എന്താ തർക്കം തർക്കം വരുന്നു പിന്നെ ആരുടെ വ്യാഖ്യാനമാണ് ശരി രാമാനുജനോ മറ്റുള്ളവരോ ഒക്കെ വ്യാഖ്യാനിച്ചപ്പോ എന്താണ് അവരാരും ഇത് മിഥ്യന്ന് പറയുന്നില്ല അതേ വേദം ശങ്കരായ വ്യാഖ്യാനിച്ചപ്പോ ഇത് മിഥ്യയാണ് അപ്പൊ പിന്നെ ഇത് ആരുടെ വ്യാഖ്യാനാണ് ശരി എങ്ങനെ തീരുമാനിക്കും ഏതാണ് ശരി രാമാനുജം പറയുന്നത് മിത്യ ശങ്കരാചാര്യ പറയും മിത്യോ അതൊന്നും ആ പിന്നെ അടുത്ത് വരുന്നത് ശങ്കരാചാര്യ ഭക്തന്മാര് പറയും ശങ്കരാചാര്യ പറഞ്ഞതാണ് ശരി അതവരത് വിശ്വസിക്കും രാമാനുജന്റെ ഭക്തന്മാരെന്ന് പറയും രാമാനുജം പറഞ്ഞാണ് ശരി എന്ന് അവരവരുടെ ഗുരുവിന്റെ പക്ഷങ്ങളെ അവരവർ വിശ്വസിക്കും അവസാന വിശ്വാസത്തി അല്ല ഇനി ഇവിടെ എന്താണ് മറ്റൊരു അടവെടുത്താൽ എന്താണ് ശങ്കരാചാര്യ പറയണ അതെന്റെ അനുഭവമാണ് എന്ത് പ്രപഞ്ചം മിഥ്യയാണ് ബ്രഹ്മസത്യമാണെന്ന് പറഞ്ഞു എന്റെ അനുഭവം എന്ന് പറഞ്ഞാലോ ഏഹ് അയരാമാനുചാര്യം പറയും എന്റെ അനുഭവം അങ്ങനെ അല്ലല്ലോ പിന്നെ തന്റെ അനുഭവിങ്ങനെ ആയിട്ട് എന്താ കാര്യം എന്റെ അനുഭവം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അനുഭവത്തെ ഒരാളുടെ അനുഭവത്തെ മറ്റൊരാൾക്ക് ഇല്ലാത്തടത്തോളം കാലം എന്റെ അനുഭവിങ്ങനെയെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കുന്നു അപ്പൊ അനുഭവം പറയാൻ പറ്റില്ല അപ്പൊ പിന്നെന്താണ് അവരവരെന്താണ് വിശ്വസിക്കുന്ന അതാണ് അവസാനം അവനവന്റെ വിശ്വാസത്തേക്ക് ശങ്കരചാരൻ പറഞ്ഞാണ് സത്യം എന്ന് ശങ്കരായ ശങ്കരാചാര്യന്മാര് വിശ്വസിക്കും മറ്റവരുടെ പക്ഷേ അവരും വിശ്വസിക്കും അതാണ് ഇതിന്റെ അവസാനം അവരവർക്കെന്തോ വിശ്വാസം സ്വീകരിക്കാന്ന് പറയും ഏത് വിശ്വാസം ശരിയെന്ന ഏത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പഞ്ചഖ്യാതികൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും ഓരോരുത്തരെയും വേറെ ഇതൊക്കെ ചെയ്തു ഇങ്ങനെ എണ്ണിച്ചോണ്ടെന്ന് ഇതിൽ ഒരു തീരുമാനവും ഉണ്ടാകത്തില്ല ഒരാൾ വേറെ ഒരാളും ശരിയല്ലെന്ന് പറഞ്ഞാൽ തീരുമാനമാകും തീരുമാനമാകുന്നത് എവിടെയാണ് തീരുമാനമാവും എവിടെയാ തീരുമാനമാകുന്നു ഏനവന്റെ വിശ്വാസമാണ് നിന്റെ തീരുമാനം അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കും എന്റെ അനുഭവം ശങ്കരായ പറഞ്ഞാൽ മാതൃ അങ്ങേ കാരണം മാധുവിന് അങ്ങനെ ഒരു അനുഭവമില്ല ഞാനും ഇവിടെ ഇത് ഈ ഞാനും ഇതൊക്കെ തന്നെ പരിപാടി നിനക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എനിക്കെന്താ ഉണ്ടാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയും എനിക്കും ഇതൊക്കെ തന്നെ പരിപാടി രാമാനുജൻ ചോദിക്കും തിരിച്ചൊന്നും മറുപടി പറയാൻ അപ്പൊ അനുഭവം ഒരിക്കലും ഇതിനും പ്രമാണാണ് അനുഭവം അവനവനും പ്രമാണമാണ് മനസിലായ ഒരാളുടെ അനുഭവം എന്ന് പറയുന്നത് എന്താണോ അത് അവരവർക്ക് പ്രമാണം വേറൊരാൾക്ക് അത് പ്രമാണോ പിന്നെ വിശ്വസിക്കാനേ പറ്റും വിശ്വാസമാണ് അവസ്ഥ എന്താ വിശ്വസിക്കുന്നു അവസിലായ